ക്രിസ്മസ് അപ്പുനർഗൃഹായ അന്ത ത സംസാരവാസന സമ്പൂർണോ സമസന്തോഷിയ സമ്പൂ സപൂർവാപരവാക്യാർത്ഥ വിചാരവിഷയാഹതം മനഃ സമരസം കൃത്വ സാനുസന്ധാനമാക്കും അപുനർഗൃഹണായ വീണ്ടൊരു ജന്മം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അന്ധ സംസാരവാസന തെറ്റ് ഉള്ളിൽ ഉള്ള സംസാരവാസനയെ തെറ്റിട്ട് ഉദാരയാ വിശാലമായ മനസ്സോടുകൂടി വിശാലമായ മനസ്സോടുകൂടിയും ശുദ്ധമായ മനസ്സ് ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്ന മനസ്സ് സമ്പൂർണവും ശമസന്തോഷവും ആകായ അന്തഹമായ തന്നെ ഉള്ളിൽ സമ്പൂർണമായ ശ്രമസന്തോഷങ്ങൾ സ്വീകരിച്ചിട്ട് അപ്പോ സംസാരവാസന അതാണ് ജന്മത്തിന് കാരണമായത് അത് തന്നെയാണ് ശമത്തെയും സന്തോഷത്തെയും ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് ഉള്ളിൽ ഉള് സന്തോഷവും സമവും കൊണ് പൂർണ്ണമാകും അങ്ങനെ ബുദ്ധി ബുദ്ധി മനസ്സ് വിശാലമാകും വിശാലദമാകും ശുദ്ധമാകും സപൂർവാപരവാക്യാർത്ഥ വിശാല വിഷയാഹതം മനസ്സമനസ് കൃത്യ സ്ഥാന സന്താനം അർഹനീ അങ്ങനെ മനസ്സിൽ സന്തോഷവും ശ്രമവും എല്ലാം മനസ്സ് അതുകൊണ്ട് പൂർണ്ണമാവും എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വൈരാഗ്യമാണ് ഇനി തുടർന്ന് ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ചാണ് പൂർണ്ണമായും കർമ്മത്യാഗം അതാണ് ഭാഷകാരനെയും മറ്റേ ഓർത്ത പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല പറയും വൈരാഗ്യം സാധുവിന്റെ യോഗ്യത എന്നുള്ളതാണ് എനിക്ക് വൈരാഗ്യം ഒരുപാട് പ്രശംസിക്കുന്ന മുമ്പ് കഴിഞ്ഞതാണ് ഇനിയും പറയും സന്തോഷം ഇനി അടുത്തത് പതിനഞ്ചിന് വരുമ്പോഴത്തേക്ക് മുഴുവൻ സന്തോഷത്തെ കുറിച്ചു ഇപ്പോൾ വൈരാഗ്യം എന്ന് പറയുമ്പോൾ അതിനവിടെ ഒരു നിഷേധാത്മക ഭാവത്തിൽ എടുക്കും വൈരാഗ്യം എന്ന് പറയുന്നത് വിഷയങ്ങൾ മനസ്സ് മനസ്സിന് വിഷയങ്ങളോടുള്ള ആ വൈരാഗ്യക്ക ഭൗതികമായ മോഹങ്ങളിൽ പെട്ടു പോകാതിരിക്കുന്നതാണ് വൈരാഗ്യങ്ങളുടെ ഉദ്ദേശിച്ചത് അതുകൊണ്ട് സന്തോഷത്തിന് വിരക്കി വേണമെങ്കിൽ മറിച്ച് വാസുഷ്ടത്തിന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സന്തോഷം നിലനിർത്തും പക്ഷേ നമ്മൾ പറയുമ്പോ രാമന് വളരെ ദീനനായി കാണപ്പെട്ടു എന്നെല്ലാം പറയുന്നുണ്ട് പല സന്ദർഭങ്ങളും ക്രിസ്ത്യനായി ആഹാരം കഴിക്കാതിരിക്കും ശരീരം വരികയും ആരോഗ്യമുണ്ടാതിരി പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് പറയുമ്പ് പറഞ്ഞിട്ടുണ്ട് വൈരാഗ്യത്തിന്റെ അവസ്ഥ പക്ഷെ അങ്ങനെ ഒരു അവിടെ സന്തോഷം നിലനിർത്തണമെന്നാണ് തുടർന്ന് പറയുന്നത് അപ്പോ മാനസികമായ സന്തോഷം തന്നെ വൈരാഗ്യത്തിന് എതിരോ വൈരാഗ്യം കൊണ്ട് നശിച്ചു പോകുന്നതോ ആ സന്തോഷം എന്ന് പറയുന്നത് ആത്മീയമായ സന്തോഷം എന്ന് പറയും ഭൗതികമോഹങ്ങളിൽ പെട്ടുള്ള സന്തോഷം അങ്ങനെ അല്ലാതിരുന്ന അവന്റെ ഉള്ളിൽ ശാന്തി സമാധാനം നിലനിർത്താൻ പറ്റും എന്നാണ് പറയുന്നു കാരണം മായ മോഹങ്ങളിൽ ഭ്രമിക്കാതെ ആ ഭ്രമം ഒന്നുമില്ലെങ്കിൽ സാധാരണ മനുഷ്യൻ നമ്മൾ സന്തോഷിക്കുന്നതിന് വേണ്ടി കോമഡി കാണും വിനോദ ഉപാധികളെല്ലാം സ്വീകരിക്കും സാറിന്റെ മനുഷ്യൻ അങ്ങനെ പാട്ട് കേൾക്കും അങ്ങനെ പലതും പക്ഷെ ഇതൊന്നും കൂടാതെ അതിന് ആന്തരികമായൊരു സന്തോഷം ആത്മീയമായ സന്തോഷം നിലനിൽക്കുക അതിനെക്കുറിച്ച് തുടർന്നു അത് ആത്മീയ സന്തോഷം അതെങ്ങനെ വരും ആത്മീയമായ സാധനങ്ങളിലൂടെ ആ സന്തോഷിക്കും ഇവിടെ പറയുന്ന ആത്മീയ സാധനം എന്ന് പറയുന്നത് ഈ തത്വം ശ്രവണം മനനം തത്വത്തിന്റെ വ്യത്യാസം പോലെയുള്ള കാര്യങ്ങളാണ് കൂടെ തത്വവിചാര തത്വവിചാരണ ചെയ്യുമ്പോൾ പ്രജാ ഈ പ്രപഞ്ചത്തിന്റെ ബാഹ്യമായ ഭൗതിക മോഹങ്ങളുടെ തുച്ഛം അതിൻ്റെയൊക്കെ നിസ്താരതയെ കുറിച്ച് അവൻ ബോധ്യം വരുമ്പോൾ അവൻ കൂടുതൽ അവനുൾക്കൊള്ളുന്ന ആ തത്വം അതിലവൻ സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു അത് അവന് അദ്വൈതം തന്നെ വേണോന്നൊന്നുമില്ല അദ്വൈതമായാലും അദ്വൈതമായും മറ്റേത് സമ്പ്രദായാലും അതിൽ യോഗത്തിലും പറയുന്നു അവിടെ അദ്വൈതമില്ല പക്ഷെ യോഗത്തിലും പറയുന്നു സന്തോഷ അനുത്തമസ്ഫല സന്തോഷം കൊണ്ടൊരാൾക്ക് വളരെയധികം സുഖം നേടാൻ സാധന തന്റെ ആത്മീയ സാധന ഞാനിപ്പോ ആത്മീയ ജീവിതം സന്തോഷമുള്ളതായി കീതേനും പറയുന്നതിന് സന്തുഷ്ട സതാത്മാ അവന് പരിശ്രമശീലനാണെങ്കിൽ സന്തോഷമുള്ളവർന്നായി വിരക്തി എന്ന് പറയുമ്പോൾ അത് വിഷാദത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിഷാദത്തിന് അടി അടിമപ്പെടുന്ന അതിന് വീട് പോകുന്ന രണ്ടു കണ്ട അപ്പോ വിഷാദത്തിൽ നിന്ന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അടയാളം എന്തായിരിക്കും അവൻ നിരുത്സാഹവനായി ഒന്നിനും അവന് ഉത്സാഹം ഒരു കാര്യത്തിൽ ഇവിടെ അതല്ലോ ഇവിടെ രാമന്റെ കാര്യം പറയുന്നത് എന്താണ് രാമൻ വളരെ ഉത്സാഹവാനായി കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ആദ്യ രാമൻ എങ്ങനെ ഒരു വിരക്തി ഉണ്ടായെങ്കിലും ഈ പത്തൂർ കോഡേശ്വര ശ്രവണവും മനു കൊണ്ട് വളരെ ഉത്സാഹമുണ്ടോ അപ്പൊ പ്രാഥമികമായ വിരക്തിയാണ് ധീനതയും പറ്റിയത് പിന്നീട് ആ അവസ്ഥയിൽ നിന്ന് മാറി പിന്നെ ഞങ്ങൾട്ടിപ്പം പറയുന്നു ആനന്ദത്തിൽ മുഴുകി എന്നൊക്കെ പറയും ഞങ്ങൾ സമാധിയുടെ ആനന്ദമോ അല്ലെങ്കിൽ ആധ്യാത്മികമായ ഒരു ഉയർന്ന അവസ്ഥയെ പ്രാപിക്കുള്ള ആനന്ദമായിരിക്കും ഇവിടെയൊക്കെ ചെയ്യുന്നതല്ല ഇതൊക്കെ ശ്രവണം കൊണ്ടും വിചാരം കൊണ്ടും ഒരാൾക്ക് വരുന്ന ആത്മസന്തൃപ്തി സന്തോഷം അതാണ് ഇവിടെ പ്രയം അത് ശമത്തോടൊപ്പം നിൽക്കുന്ന കാര്യമാണ് ഇപ്പോൾ ശമവും നിൽക്കുമ്പോൾ എന്തായാലും ത്യാഗം വരുവാൻ വൈരാഗ്യം വരും അതോടൊപ്പം ഒരാൾക്ക് സന്തോഷവും നിലനിർത്താൻ പറ്റും അവിടെയാണ് മനസ്സ് ഉദാരമായി തീരുന്നത് മനസ്സുധാരമായി തീരുമാനങ്ങൾ മനസ്സ് സാത്വികമായി തീരുമാനം അങ്ങനെ ഒക്കെ മനസ്സിനൊരു സന്തോഷവും സമചിത്തതയും സ്വയം തന്നെ ഒരു സാന്ത്വനമൊക്കെ വന്നിട്ട് കർമ്മങ്ങളിൽ ഏർപ്പെടുക അതാണ് വാസ്തുഷ്ടി പറയുന്ന ആത്മീയവശമാണ് തുടർന്ന് പറയുന്നത് നടസപൂർവാപരവാക്യാർത്ഥ വിചാര വിഷയാഹതം ഇവിടെ സപൂർവാപുര വാക്യാർത്ഥ വിചാരീ വിഷയാഹതം നന്നാക്കിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു പാഠം അങ്ങനെ ഒരു പാഠമില്ല പൂർവാപുരവാക്യാർത്ഥങ്ങളെ കൊണ്ട് വാക്യാർത്ഥ കൊണ്ട് കാരണം ഇവിടെ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ കർമ്മകണ്ഡത്തിലൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കർമ്മവും വേണം അവിടുത്തെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതിനകത്തും പറയും അപ്പോ കർമ്മത്തിന്റെ ഒരു വലിയ പ്രാധാന്യമാണ് കർമ്മം ആണ് ആദ്യം ഉപദേശിക്കുന്നത് പിന്നെ ജ്ഞാനമെന്നാണ് അതുകൊണ്ട് പൂർവാപരവാക്യാർത്ഥ വിചാരത്തിലൂടെ വിഷയങ്ങളാൽ ആഹതമായിരിക്കുന്ന മനസ്സിന് ഷയങ്ങൾ കൊണ്ട് ആഗതമായിരിക്കുന്ന മനസ്സ് സാധാരണ മനസ്സ് ഓർവരെ വാക്ക്യാർത്ത വിചാരം ചെയ്യുന്നത് ഓർവാവര വാക്കിയാർത്ത വിചാരം എന്ന് പറയുമ്പോൾ വേദവിചാരം എന്നുവെച്ചാൽ തത്വവിചാരമാണ് കർമ്മത്തെ കുറിച്ചോ എന്നറിഞ്ഞിരിക്കുന്നു തത്വത്തെയും അറിഞ്ഞിരിക്കും രണ്ടും കൂടെ പ്രാധാന്യം കൊടുക്കുന്നു അങ്ങനെയുള്ള വിചാരങ്ങൾ എന്താ സംഭവിക്കുന്നത് മറ്റ് ലൗകികമായ വിഷയങ്ങൾ കൊണ്ട് നശിച്ചിരിക്കുന്ന മനസ്സിനെ സമരസം തെളിക്കുക മനസ്സിനെ സമരസമാക്കി ്രഹ്മത്തിൽ സമരസം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ തന്നെയാണ് പറയുന്നത് രസം എന്നുള്ള ശബ്ദം ചെയ്യുന്ന രസവും വയസ്സാണ് അത് ആനന്ദമായിരുന്നു അപ്പോ നമുക്ക് സന്തോഷം ആ സന്തോഷമെന്ന് പറയുന്നത് ഈ ഒരാൾക്ക് വാക്കിയാഴ്ത്ത വിചാരങ്ങളിലുണ്ടാകുന്ന നിന്ന് കിട്ടുന്ന ആനന്ദമാണ് അതൊരാൾക്ക് അനുകൂലമാണ് ഇഷ്ടമാണ് ഇപ്പൊ സാധാരണ ഭാഷയിൽ പറഞ്ഞുകഴിഞ്ഞാൽ എന്താ ഒരാൾക്ക് ഈശ്വര ചിന്ത കൊണ്ട് ആനന്ദം ഉണ്ടാകുന്നു അതാണ് ഭക്തി എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് തത്വം എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അതിന് ദ്വൈതം അദ്വൈതം ഇങ്ങനെയുള്ള ഭേദമൊന്നും ഇനി ഒരാൾക്ക് വിഷയ ചിന്ത കൊണ്ടുവരുന്നു ഇതേ ആനന്ദം തന്നെയാണ് പക്ഷെ അത് ഇവിടെ നിഷേധിക്കുന്ന എന്തുകൊണ്ടും അത് ഈ ആദ്യം പറയുന്നതായ അപുനഗ്രഹണം അതവിടെ സംഭവിക്കുന്നില്ല എന്തേ എല്ലായിടത്തും ആണ് ഇത് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് അത് വിവിധമായ ശരി അദ്വൈതമായ ശരി പക്ഷെ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്ന അദ്ദേഹം ഇവിടെ പ്രാധാന്യം കൊടുക്കുന്ന തത്വവിചാരത്തിനാണ് ഭക്തിക്ക് ഇവിടെ പറഞ്ഞു വരുന്നത് ഭക്തിയെക്കുറിച്ചും പറയും അപ്പൊ ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോ അനുകൂല വേദനീയം എന്ന് പറയുന്നത് ആത്യന്തികമായി എൻ്റെ അടുത്തു സ്വീകരിച്ചിരിക്കുന്നത് മനസ്സിന് അനുകൂലമായിരിക്കുന്നത് അവിടെ മനുഷ്യനാണെന്നും പ്രതികൂലമായോ ദുഃഖം ഒരാൾക്ക് ഈ തത്വവിചാരമാണ് അനുകൂലമായി തോന്നുന്നെങ്കിൽ അത് എന്തുകൊണ്ട് അനുകൂലമായി തോന്നുന്നു എന്ന് പറയുന്നത് മനസ്സിന്റെ പ്രവണതയാണ് ചിലർക്ക് അതിനോടായാലും താല്പര്യം അത് ഇത് തത്വം അതിനോടാണ് താല്പര്യം തോന്നുന്നത് അയാൾക്ക് അതിന് അതിന്റെ രസം തരും ഒരാൾക്ക് ക്രിക്കറ്റ് കളിക്കുമ്പോൾ രസം തോന്നും പോലെ തന്നെ അത് അയാൾക്ക് രസമായി തോന്നും ഒരാൾക്ക് എന്താണ് ഈശ്വരനെ ഭരിക്കുന്നതാണ് അതിൽ നിന്ന് അന്യനെ ആയിരിക്കുന്ന ഈശ്വരനെ ഭരിക്കുന്നതാണ് താല്പര്യമായി തോന്നുക അനുകൂലമായി തോന്നുകയൊക്കെ കാരണം ഇതെല്ലാ സ്ഥലത്തും മനുഷ്യർ സംഭവിക്കുന്ന ഒരേ കാര്യം തന്നെ ഇതിവിടെ എന്തുകൊണ്ട് ബാക്കിയുള്ളതിനൊക്കെ നിഷേധിക്കുന്നു പറയുന്നു അതല്ല ആ പുനർത്വം സംഭവിക്കുന്ന പുനർജന്മം എന്ന് പറയുന്ന എല്ലായിടത്തും സംഭവിക്കുന്നു അത് സംഭവിക്കാതിരിക്കുന്നതാണ് മോക്ഷം മറ്റൊന്നിലും മോക്ഷം സംഭവിക്കുന്നു എന്നില്ല അത് തത്വ ഞാനേ സംഭവിക്കുന്നത് എന്നാണ് ആത്യന്തികമായി ഈ സാധന എന്ന് പറയുമ്പോൾ അത് മനസ്സിൻ്റെ സന്തോഷമാണ് എല്ലായിടത്തും സംഭവിക്കുന്ന ഒന്നു തന്നെ വ്യത്യാസപ്പെടുത്തുന്നത് മോക്ഷം എന്നുള്ള ഒരു ആശയമാണ് അദ്ദേഹം ഇവിടെ പറയുന്നതിനനുസരിച്ച് തത്വം അനുസരിച്ച് ആ അഭിർത്ഥം എന്ന് പറയുന്നത് ഈ തത്വവിചാരത്തിലൂടെ മാത്രമേ സാധിക്കൂ ബാക്കിയെല്ലാം സഹായകമായിരിക്കും അതുകൊണ്ട് ഇപ്പൊ ലൗകികമായ പ്രവൃത്തികളിൽ പോലും ഇപ്പോ ഒരാള് വളരെ താല്പര്യപൂർവ്വം കർമ്മങ്ങളെല്ലാം ഏർപ്പെടും എന്തുകൊണ്ടായിരുന്നു താല്പര്യപൂർവ്വം കർമ്മങ്ങളെല്ലാം ഏർപ്പെടുന്നു അയാൾക്ക് സന്തോഷം കൊടുക്കുന്നുണ്ട് ബലാൽ ഒരാളൊരു കർമ്മത്തിൽ ഏർപ്പെടുത്തുന്നതല്ല ഒരാൾ സ്വയം ഒരു കർമ്മം അയാൾ തെരഞ്ഞെടുത്ത് അയാൾ ഇഷ്ടത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ഒരു കർമ്മത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ രണ്ടും വേണം അന്നലെ സന്തോഷം ഉണ്ടാകുന്നു ഇഷ്ടമായിരിക്കണം അത് സ്വാതന്ത്ര്യം മറ്റൊരാൾ ബലമായിട്ടൊരാൾ അയക്കെ ഇഷ്ടമില്ലാത്ത കർമ്മത്തിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അയക്കെ സന്തോഷം അപ്പൊ സ്വാതന്ത്ര്യം ഇഷ്ടമാണ് കർമ്മത്തിൽ അയാൾ ആനന്ദം കണ്ടെത്തും അപ്പോ അത് തന്നെ ഇവിടെ സംഭവിക്കും സമരസം കൊടുത്തു വന്നു തന്നെ ബ്രഹ്മത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നിടത്ത് ഇതേ സന്തോഷം തന്നെയാണ് വ്യത്യാസം അതിവിടെ അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ഈ ആനന്ദത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ബ്രഹ്മമാണ് ഇവിടെ പറയുന്നത് അവിടെ നിന്നാണ് എന്ത് ഏത് തരത്തിലുള്ള ആനന്ദമായ ശരി എവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ ഇതിലെ വ്യത്യാസം വരും എല്ലാം ഒന്ന് പക്ഷെ അപ്പോ മോക്ഷം എന്ന് പറയുന്നത് മറ്റൊരു ആനന്ദങ്ങളും അതിന് സാനുസന്ധാനം ആത്മനി മനസ്സിനെ ഈ തത്വത്തിൽ ഉറപ്പിച്ച് നിരന്തരത്തിന് അനുസന്ധാനം ചെയ്യുന്നു അപ്പോ അവിടെ ഈ പുനർജന്മത്തിന് കാരണമായിരിക്കുന്ന വാസന അജ്ഞാനം ഇതിന്റെയൊക്കെ നാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പൊ അത് കേവലമായ സന്തോഷം കൊണ്ട് മാത്രം കിട്ടത്തു സാധാരണമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യനുപോലും ലൗകികമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന മനുഷ്യനും സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് പോലും സന്തോഷമായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോ പോകാൻ ഈ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർക്ക് എന്തുകൊണ്ടൊരു പ്രസന്നതയില്ല സന്തോഷമില്ല ജീവിതത്തിൽ അവർക്കെന്തുകൊണ്ട് സന്തോഷിക്കാൻ കഴിയും എന്താണ് ഒരു തമാശഘട്ടത്തില് ചിരിക്കാൻ പറ്റില്ല ചിരിക്കുന്ന പോലെ ഒന്നും ഒരേ ഒരു പാപമല്ല പലരും ധരിച്ചിരിക്കും ചിരിക്കാൻ പാടില്ല അത് നമ്മുടെ ആത്മീയതയിൽ നിന്ന് വഴിതെറ്റിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ വലിയ ബദ്ധങ്ങളാണ് അപ്പോ അവന്റെ ഉള്ളിലും പുറമേ ആ സന്തോഷം ഉണ്ടായിരിക്കും എപ്പോഴും വിഷാദാവസ്ഥയിലും തിരികേണ്ടയാളുണ്ടായിരിക്കും അത് ഉണ്ടെങ്കിൽ അത് മാറ്റി നമ്മുടെ രാമന്റെ വിഷാദത്തെ മാറ്റാനാണ് നമുക്ക് പറയുന്നത് രാമന് വിഷാദം ഉണ്ടായി വിഷാദനം മാറ്റുന്നതിന് പറയുന്നത് സന്തോഷത്തിൽ ഇരിക്കുന്നത് ചെറിയ പറയും ഭഗവാനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഭഗവാന് പുറത്തെങ്കിലും കരയുകയാണ് ശരിയാണ് ചിലടത്തൊക്കെ എന്താണ് ചില സാധന സമ്പ്രദായങ്ങളിലൊക്കെ എന്താണോ അങ്ങനെ കരയുന്ന ചില ഭാഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു അങ്ങനെ പറയാതിരിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഉള്ള തീവ്രവിരഹ കൊണ്ടുള്ള ആ അതാണെങ്കിലും അവിടെയും സന്തോഷമുണ്ട് എന്താണ് അങ്ങനെ ഒരു ഭഗവാനെ പ്രാപിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മനസ്സ് വിരഹമുണ്ടെങ്കിൽ ഭഗവാനെ പ്രാപിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവന് സന്തോഷം വരണം എന്തായാലും രണ്ട് സംഭവിക്കും ഒന്നുമില്ല ഇത് അത്തരം കഥകളൊക്കെ വായിച്ചു പിടിക്കുകയാണെങ്കിൽ മനസ്സ് ഭൂമിയായിരിക്കും ജീവിതത്തിൽ യാതൊരു പ്രസന്നതയില്ലാതായിരിക്കും വിഷാദകരമായ ജീവിതം നീക്കുക അതാണ് പൊതുവേ കാണുന്നത് അത് അവർ സന്തോഷിക്കാൻ പാടില്ല അതൊക്കെ പ്രശ്നങ്ങൾ വേറെയാണ് ആത്മീയമായിട്ട് അതിന് പിന്നെ ആത്യന്തികമായ ആനന്ദത്തെ പറയുന്നത് ഇവിടെ പറഞ്ഞല്ലോ ഈ ലൗകികമായ തുച്ഛമായ സുഖങ്ങൾ മുഴുകി എല്ലാം മറന്ന് സുഖങ്ങൾ കൊടുക്കുന്ന ഒരുപാട് നഷ്ടങ്ങൾ അതൊക്കെ അനുഭവിച്ച് അങ്ങനെ ജീവിച്ചു പോകുക സാധാരണ ജീവിത മനുഷ്യൻ അതിനെക്കുറിച്ചാണ് പറയണെങ്കിൽ അതിന് സമാനം പറയുന്നത് കൊണ്ട് അടുത്തു മഹാനന്ദ ഇവം രാമ പക്ഷിമാണം സുഖദുഃഖക്ഷേതരം സുഖദുഃഖം എന്ന് പറയുന്നത് സർവപ്രാണി സഹജമായിരുന്ന സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്ന സുഹൃത്തുക്കൾ അതായത് അവിടെ അതാണ് സുഖം പറയുമ്പോൾ ദുഃഖം ചേർത്ത് പറയും എനിക്ക് സുഖമുണ്ട് പക്ഷെ അതെല്ലാം നിയന്ത്രണത്തിലല്ല അതിന് അത് ദുഃഖത്തെ പിന്തുടരുന്നു അല്ലെങ്കിൽ അതിന്റെ ദുഃഖം പിന്തുടരുന്നു മാറി മാറി വരുന്നു അങ്ങനെ വരികയാണെങ്കിൽ അതിന് മാറേണ്ട ഇവിടെ പറയുന്ന സന്തുഷ്ട സതതയോ യോഗ എന്ന് പറഞ്ഞാൽ യോഗ സാധകനോ എല്ലാം നിശ്ചയി അപ്പോ യോഗ സാധകൻ ഈ യോഗ സാധകൻ ശരിക്കും സാധകൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഏതുവരെ സാധകനായിരിക്കും ഏതുവരെ ആയിരിക്കും ഒരാൾ ശരിയായ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരടമ്പരായ സാധനങ്ങൾ ദൂരായ സാധനങ്ങൾ തന്നെ ആ ഇതിനിടയ്ക്ക് പല സിദ്ധികളും കൈവശമായി പല സവിശേഷതകളും ആർജിക്കാൻ കഴിയുന്നില്ല എന്തൊക്കെ ആർജിച്ചു കഴിഞ്ഞാലും ശരി അയാളുടെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ബാക്കി ശേഷിക്കും പോരായ്മകളോ വീഴ്ചകളോ പരിഹരിക്കേണ്ട വിഷയങ്ങളൊന്ന് കാണുന്നു അതുകൊണ്ട് അയാൾ മരണം വരെയും സാധകം തന്നെ സുഖദുഃഖങ്ങൾ നേരിടേണ്ടി ആ സുഖദുഃഖക്ഷേത്രം മഹാനന്തീക കാരണം മഹാനന്ദം എന്ന് പറയുന്ന ആത്മസ്വരൂപം തന്നെ ഇതിനവസാനം സമാധിയെക്കുറിച്ച് വർണ്ണിച്ചു വരുമ്പോൾ അവസാനം പറയുന്നത് എന്താണോ മഹാനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മൻ തന്നെയാണ് ആ മഹാനന്ദത്തിന് മഹാനന്ദ ഏക കാരണം മുഖ്യ കാരണം പറഞ്ഞിരിക്കുന്ന മോക്ഷവുമായ മോക്ഷോഭായ ഞാൻ പറയാൻ പോവുകയാണ് കേൾക്കുക എന്നൊരു വിശദമായി ഇമാം മോക്ഷകഥാംശ്വാസ സർവേർ വിവേകി പരം ദുഃഖം ആശോ എത്ര വിദ്യതേ ഇമാം മോക്ഷകഥാംശോക്ഷോക്ഷകഥയിൽ നിന്ന് തന്നെ എന്താ പറയാ കാരണം ഇത് സാധാരണ പുരാണ കഥ പോലെയല്ല സാറിന് ഈ കഥ എന്ന് പറയുന്നത് പ്രചാരത്തിലിരിക്കുന്ന കഥ എന്ന് പറയുന്നത് എന്താണ് മഹാവിഷ്ണു അത് ചെയ്തു ശിവൻ എന്നത് ചെയ്തു ബ്രഹ്മാവ് എന്നത് ചെയ്തു ദേവേന്ദ്രൻ എന്നത് ചെയ്തു എന്ന് പറയുന്ന അവരുടെ കഥകൾ പറയുന്നു അതിലൂടെ മനുഷ്യന് ചില സതുപദേശങ്ങളൊക്കെ കൊടുക്കും ഇല്ല എന്നല്ല അവന് അവന്റെ ദൈനംദിന ജീവിതത്തിലെ ചില ധാർമ്മികതയെത്തിലെ ചൊക്കെയുള്ള ഉപദേശങ്ങളോട് ഇതൊക്കെ പലതും കാലഘട്ടപ്പെട്ടതുമായിരുന്നു വർത്തമാനകാല ജീവിതത്തിന് ഉപയോഗമില്ലാത്തതായിരിക്കും എന്നാലും കഥയാണ് ഇവിടെ ഇത് മോക്ഷകഥയാണ് ഇതും കഥകളൊക്കെ പറയും സംഭവങ്ങളൊക്കെ പറയും പക്ഷെ ആ സംഭവമെല്ലാം ഇവിടെ വിവരിക്കുന്ന ഈ പറയുന്ന മഹാനത്തിന് കാരണമായിരിക്കുന്ന തത്വവിചാരവും തത്വവിചാരവും അതിനോടനുബന്ധിച്ചു വരുന്ന സാധനവും രണ്ടും കൂടെ പറയും മാം മോക്ഷകഥാംശ്വാ അത് കേട്ടിട്ട് സർവേ വിവേകി പറഞ്ഞിവിടെ വസിഷ്ഠൻ നമ്മൾ ഇത് ഉപദേശിക്കുമ്പോ രാമൻ ഒറ്റയ്ക്കിന്ന് രഹസ്യമായി കേൾക്കുകയാണ് ഏതാണ്ടത്തിലുള്ള സഭാവാസികളെല്ലാം എല്ലാവരും വിവേഖികളായി എല്ലാവരും ഒപ്പം നിർദുഖം നാശവും എത്തുന്ന വിദ്യയെ പരമപദത്തെ പ്രാപിക്കുന്നു നിർദുഖം ദുഃഖരഹിതമായ നാശവും എത്തുന്ന വിദ്യയെ അവിടെ എന്താണ് ആ പദത്തിന് പ്രാപിക്കുന്ന പദത്തിന് നാശം സംഭവിക്കുന്നില്ല ഇതമുക്തം പുരാകൾത്തെ ബ്രഹ്മണ പരമേഷ്ഠിന സർവ ദുഃഖക്ഷേഖരം പരം ആശ്വാസനം ദേഹപരം ആശ്വാസനം വൃത്തിക്ക് അങ്ങേറ്റത്തെ ആശ്വാസത്തെ കൊടുക്കുന്നതായ ഈ പറയുന്നത് തത്വകഥ എന്ന് പറയുന്നത് എന്താണ് മനസ്സിന് അങ്ങേറ്റത്തെ ആശ്വാസത്തെ കൊടുക്കുന്നതാണ് അത് ആർക്കാശ്വാസത്തിൽ കൊടുക്കും അതിനോട് താല്പര്യമുള്ള താല്പര്യമുള്ളൊക്കെ കൊടുക്കും അതിനോട് ഇഷ്ടം തോന്നുന്നവർക്കെ കൊടുക്കും അല്ലാത്തവരുടെ തത്വ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിച്ചു എല്ലാ ആധ്യാത്മിക സമ്പ്രദായങ്ങളും അദ്വൈതത്തിന് വിശേഷിച്ചെന്നു എല്ലാ ആധ്യാത്മികളും ഉപദേശങ്ങളും പദ്ധതികളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ എന്താണ് മനസ്സിന് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഏതിലൊരാളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരി മനസ്സിനാണ് ആശ്വാസം മനസ്സിനാശ്വാസമുള്ള രീതിയിലാണ് അത് അവതരിക്കുന്നത് അതിന് അതൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമാണോ അതൊക്കെ എത്രമാത്രം പരമാർത്ഥമാണ് എന്നുള്ളതാണ് വിഷയമല്ല നമ്മുടെ മനസ്സിന് ആശ്വാസവും സന്തോഷവും തരുന്നത് ഇന്നും പണ്ടും അത് പരമാർത്ഥം വേണമെന്നില്ല അത് മനസ്സിന് അനുകൂലമായിരുന്ന മാത്രം സിനിമ കണ്ടുകൊണ്ടിരിക്കും എല്ലാം പറഞ്ഞ കുറേ സിനിമയും ആനന്ദിക്കുന്നു അതെന്താ പരമാർത്ഥമായി തോന്നുന്നു എന്തല്ലോ മനസ്സിനെ ഇഷ്ടപ്പെടുന്നു അത്രയുള്ളൂ മനസ്സിനെ ആകർഷിക്കത്തക്ക എന്തോ ചില സംഭവങ്ങൾ അതിനാൽ തോന്നുന്നത് സുഖമായ ചെയ്യും ദുഃഖമായ ചെയ്യും രണ്ടായാലും മനസ്സിനെ ഇഷ്ടപ്പെടുന്നതാണ് ട്രാജഡിയും കോമഡിയും എല്ലാം മനുഷ്യന്റെ മനസ്സിഷ്ടപ്പെടും വീണ്ടും വീണ്ടും അത് ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല ദുഃഖത്തിനും അവൻ സമാധാനവും ശാന്തിയും കണ്ടെത്തുന്നു അങ്ങനെയുണ്ട് മനുഷ്യൻ മനുഷ്യ സന്തോഷിക്കുക എന്ന് പറയുന്ന മനസ്സിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് പക്ഷെ ദുഃഖമോ ദുഃഖവും അവന് ശാന്തിയിലേക്ക് പോയി ദുഃഖവും ശാന്തിയിലേക്കാണ് എത്തിക്കുന്നത് ആത്യന്തികമായി അതിന്റെ ആൾക്കാർ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് അവസാനം സമാധാനം ചെയ്തിച്ചേരും ചില സമയത്ത് കരഞ്ഞേ സമാധാനത്തിലെത്തി ചേരാൻ പറ്റും സന്തോഷത്തിലൂടെ സമാധാനത്തിലെത്തി ചേരാൻ പറ്റും അപ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് ആരെങ്കിലുമൊക്കെ മനസ്സിൽ പോയി തരില്ല മനുഷ്യൻ സാധാരണ തറിയും ആ കരച്ചൽ എന്ന് പറയുന്നത് പ്രകൃതി എന്ന് ഒരുക്കിയിരിക്കുകയാണ് കാരണം ദുഃഖത്തിലൂടെ അവരെ സമാധാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശാന്തിയിലേക്ക് അന്ന് ട്രാവഡി നമ്മളെ സമാധാനത്തിലേക്ക് തരുന്നു അവിടെ എന്ത് സംഭവിക്കുന്നു കരയുന്നു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ മനസ്സിലുള്ള എല്ലാ സംഘർഷങ്ങളിൽ നിന്നും മുക്തി നേടുക അവരുടെ ഓർത്ത് ചിന്തിച്ച് സങ്കടപ്പെടേണ്ട പല കാര്യങ്ങളിൽ നിന്നും ദുഃഖത്തിലൂടെ തന്നെ അവൻ മുക്തി നേടുന്നു സമാധാനത്തിലേക്ക് മനസ്സിലോ ദുഃഖത്തിൽ അവസാനം അവനെ എത്തിക്കുന്നത് അത് ചിലപ്പോൾ സന്തോഷത്തിൽ നിന്ന് കിട്ടിയില്ല എന്നൊന്നുമില്ല അപ്പൊ എല്ലാ പദ്ധതികളും എന്ന് പറയുന്നത് ഭഗവാനോട് കരയുന്നു ഭഗവാനോട് കരയുന്നിർത്തത് ഞങ്ങൾ സന്തോഷത്തെ എത്തിച്ചേരണം സന്തോഷത്തിലാണോ എത്തിച്ചേരുന്നതെങ്കിൽ അത് ശരിയായ കരച്ചിലാണ് അല്ല നിങ്ങൾ കരയുന്നു സന്തോഷത്തെ എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ കരച്ചല്ലെന്ന് ഉറപ്പുള്ള ആത്യന്തികമായി ആ സന്തോഷം എന്ന് പറയുന്നത് ശാന്തിയാണ് മനസ്സിൻ്റെ സമാധാനം ഇവിടെയൊക്കെ ശ്രമിക്കുന്നതുകൊണ്ട് എല്ലാ ആധ്യാത്മിക സമ്പ്രദായങ്ങളും എന്താണ് പരം ആശ്വാസം ലഭിക്കുക മനസ്സിന് ബുദ്ധിക്ക് അങ്ങേറ്റത്തെ ആശ്വാസം നൽകുന്ന തിരിച്ചു പറയാം എല്ലാ ആധ്യാത്മിക സമ്പ്രദായങ്ങളും മനസ്സിന് പരമമായ ആശ്വാസത്തെ സന്തോഷമെന്നല്ല ഇവിടെ ആശ്വാസം ശാന്തി സമാധാനത്തിരിച്ചു പറഞ്ഞാൽ എന്താണ് എന്താണോ പരവുമായ ആശ്വാസം സമാധാനം ശാന്തി മനസ്സിന് കൊടുക്കുന്നത് അതാണ് ആത്മീയത അതിനൊക്കെ ആത്മീയത നമ്മുടെ എന്താണോ ആ പരവമായ ഒരു ശാന്തിയിലേക്ക് എത്തിച്ചേരുന്നത് അത് ആത്മീയതയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ നമുക്ക് കർമ്മം ജ്ഞാനം യോഗം ഭക്തി ഇങ്ങനെയൊക്കെ വേർതിരിക്കാൻ പറ്റും ഇതല്ലാതെയാണ് അതുകൊണ്ടൊരു വേർതിരിവിന്റെ ആവശ്യം അവിടെ മനസ്സ് സമാധാനത്തെത്തിച്ചേർന്നു അത് ഇവിടെ തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് സർവദുഃഖക്ഷേഖരം അപ്പോ ആത്യന്തികമായി വരുന്ന മനഃശാന്തിയിലാണ് നൂപ്രതായ സുഖ ദുഃഖക്ഷയ സുഖവും ദുഃഖവും അതാണ് സർവദുഖം എന്ന് പറയുന്നത് അതിന് സുഖം അതിനെ ക്ഷയിപ്പിക്കുന്ന ഒരാളാണ് ശാന്തിയാണ് മനുഷ്യന്റെ ലക്ഷ്യം അവിടെ സുഖത്തിനും മാറിയില്ല അതുകൊണ്ട് വിധമുക്തം പുരാകർത്തെ ബ്രഹ്മണ പരമേശ്വര ഇതാണ് മുമ്പ് ബ്രഹ്മാവ് ഉപദേശിച്ചു ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് കഥാപാത്രങ്ങളിലൂടെ ഈ ഗ്രന്ഥകർത്താവ് നമുക്കിങ്ങനെയുള്ള ആശയങ്ങൾ പറഞ്ഞു തരികയാണ് അവിടെ കഥാപാത്രങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട കഥാപാത്രങ്ങളെ മുൻനിർത്തി ചിന്തിക്കേണ്ട കാര്യമില്ല ആശയങ്ങളെ ചിന്തിക്കുക ശ്രീരാമ കളുത്തിരാമിച്ചോ എന്തുകൊണ്ടാണ് ബ്രഹ്മാവിനൊക്കെ ഉപദേശിച്ചത് ഇതെങ്ങനെയാണ് അങ്ങ് നേടിയത് അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയാൻ അതാണ് അടുത്ത രാമജോലി എന്നാലും മറുപടി പറയുന്നത് ശ്രീവാസി അസ്ഥി അനന്താസാത്മാർ സർവസംശ്രേഹ ചിതാകാശ അവിനാശാത്മാ പ്രതീക സർവീഷ ചിതാകാശം നിരന്തര ഇനി ആവർത്തിക്കുന്ന ഒരു വാക്കാണ് ചിത്താകാശം ഭൂതാകാശം ചിതാകാശം മൂന്ന് തരത്തിൽ പറയും മനസ്സൊരാകാശമാണ് എല്ലാത്തിനും ഉൾക്കൊള്ളുന്നത് അതിനു മെല്ലിലിരിക്കുന്ന ചി ബ്രഹ്മം അതൊരാകാശം ആകാശത്തോലെ വ്യാപകമായിരിക്കും പ്രപഞ്ചത്തെ ധരിച്ചു നിൽക്കുന്നു പിന്നെ ഈ കാണുന്ന ഭൗതികമായ ആകാശം ഒന്നിനെയും അടുത്ത സ്ഥിരീകരിച്ചിരിക്കും അതിലൂടെ ചിതാകാശത്തെക്കുറിച്ച് പറയാം ബ്രഹ്മത്തെക്കുറിച്ച് പറയാം അതെന്താണ് അനന്തവിലാസാത്മാ അനന്തവിലാസങ്ങളോട് കൂടിയത് അനന്തവിലാസ് ആകാശത്തിന്റെ വിലാസമാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന സർവ്വ സർവ്വജീവന്മാർ മനുഷ്യസ്ഥിരിവനികളെല്ലാം അവരുടെ പ്രവൃത്തികൾ അവരുടെ ചിന്തകൾ സ്വർഗനരകങ്ങൾ സർവ്വതുമെന്താണ് ഈ ചിതാകാശത്തിന്റെ വിലാസ് എന്നിന്റെ വിശദീകരിക്കും വിശദമായിട്ട് ഈ രൂപ പതിനാല് ലോകങ്ങളെ കുറിച്ച് വിശദീകരിക്കും സർവക അത് സർവവ്യാപ്തമാണ് സർവസംശ്രേഹ എല്ലാം ആശ്രയിച്ചിരിക്കുന്നതാണ് അവിനാശാത്മാശമില്ല നിത്യമാണ് പ്രതീപ സർവ്വ നിന്ന് ഓരോ പ്രാണിയുടെയും ദീപമായിട്ട് ബോധരൂപത്തിൽ അറിവായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ സർവർക്കും സ്വതസിദ്ധമായിരിക്കാം ആരോടും ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ലാത്തതാണ് അത് തന്റെ ഉള്ളിൽ അറിവായി പ്രകാശിക്കുന്നത് ചിതാത്മാവാണ് അത് ചിതാത്മാവാണെന്നറിയില്ല അറിവാണെന്നറിയില്ല ഇതാണ് പ്രദീപം ഓരോരുത്തരുടെയും വിളക്കായിരിക്കും ഓരോരുത്തരും വെളിച്ചമായിരിക്കും അതാണ് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങണം എന്നാണ് ഇവിടെ ബിഗ് ബാങ്ങിൽ നിന്ന് തുടങ്ങണമെന്ന് പിന്നെ വിശിതാവകാശത്തിൽ ഇതാണ് അദ്വൈതത്തിന്റെ അടുത്ത സ്പന്ത അസന്ത സമാഹാര ഇനി അങ്ങോട്ട് പറയുന്ന സത്യം അസ്പന്ദസമാ ഇത് സ്പന്ദിക്കുമ്പോഴും ഇത് വാസത്തിലൊരു വിശേഷ പ്രയോഗമാണ് ഈ പറയുന്ന ചിതാകാശത്തിലുള്ള ഉണ്ടാകുന്ന ആദ്യ സ്പന്ദനം അതാണ് മായ ആ സ്പന്ദനത്തെ തുടർന്നാണ് ഇന്നുണ്ടാകുന്നത് ഈ പ്രപഞ്ചമുണ്ടാവുന്ന ഈ സ്പന്ദനം എന്ന് പറയുന്ന ഇന്ന് ഭാഷകാരനുമായിട്ട് വലിയ ബന്ധമൊന്നും ഇത് ഇവിടത്തെ ആണ് ഈ സ്വന്തം എന്ന് പറയുന്നത് കാശ്മീരി സവീസത്തിൽ നിന്നോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം ഇവിടെ പറയുന്ന ഇങ്ങനെ പ്രപഞ്ചം ഉണ്ടായി പഠിയ ശരിയല്ല പ്രപഞ്ചം വിധിയാണ് ചിതാകാശ സത്യമാണ് പക്ഷെ മായയുടെ ഉദ്ഭവം അനാദിയാണ് വളരെ ശരിയാണ് എന്നാലും ഒരു കൽപ്പാരംഭത്തിൽ സൃഷ്ടി ആരംഭിക്കുന്ന ഒരു സ്പന്ദനത്തിൽ ഈ സ്പന്ദനം എന്നു പറയുന്ന ആശപ്പെടുന്നവര് നിശബ്ദമായിരിക്കുന്ന എന്ന് വെച്ചാൽ കാറ്റ് വീശാത്ത ജലപ്പിറപ്പിൽ ചെറിയ ഓണങ്ങൾ വരുന്നു അത് കണ്ടിട്ടാണ് സ്പന്ദനം എന്നുള്ള ആശയങ്ങൾ ജലസ്പന്ദിക്കുന്നത് ചെറിയ കാറ്റവും പിന്നെ അത് കൂടുതൽ ശക്തമായ കാറ്റം വന്നു വലിയ തിരകളും മറ്റും ഉണ്ടാവും അതുപോലെ മായയാകുന്ന ചെറിയ കാറ്റ് വീശുമ ഈ പറയുന്ന ചിതാകാശത്തെ ചെറിയ സ്പന്ദനങ്ങളാണ് എന്നുള്ള ഇനി പറയും അവിടെ പോലാണ് സൃഷ്ടിയിടായ അപ്പോ ജലാശയത്തിൽ ശരിയാണ് കാശും കാറ്റ് വീശുമ്പോൾ അവിടെ സ്പന്ദിക്കും ജലത്തിന്റെ ചലനം അതാണ് സ്പന്ദനം ജലത്തിന്റെ ചലനമാണ് ജനത്തിൽ സംഭവിക്കുന്ന ക്രിയയാണ് സ്പന്ദ പക്ഷെ ശരിക്കും ചിതാവകാശത്തിൽ അവർ സംഭവിക്കില്ല അത് മായമുണ്ടങ്ങനെ പറയാണ് അതാണ് സ്പന്ദ അസ്പന്ദ സമാപം സ്പന്ദിക്കുമ്പോഴും അസ്പന്ദിക്കുമ്പോഴും അങ്ങനെ ഒരു സ്പന്ദനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയും കാറ്റ് വീശാത്ത അവസ്ഥയിലോ നിശ്ചലമായിരിക്കുന്ന അവസ്ഥയോ അതൊരുപോലെ എന്നാൽ സ്പന്ദിക്കുന്നത് എന്നുവെച്ചാൽ സൃഷ്ടിയിലും സംഹാരത്തിലും സ്ഥിതിയിലും ഒക്കെ ഈ ചിതാകാശം ഏകരൂപത്തിലിരിക്കും ഇതാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ഉള് നമ്മുടെ ഉള്ളിൽ നിരന്തരം സ്പന്ദനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്പന്ദനമാണ് നമ്മുടെ മനസ്സിൽ ദൈവക്രിയകൾ നമ്മുടെ ഉള്ളെന്ന് പറയുന്നതിന്റെ ചിതാകാശം തന്നെ പ്രതീപ സർവജന്തുഷം അപ്പൊ അതിൽ സംഭവിക്കുന്ന സ്പന്ദനമാണ് ഈ മനസ്സ് ഇവിടുത്തെ സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ചെയ്യുന്ന ഈ പ്രദീപത്തിൽ സംഭവിക്കുന്ന സ്പന്ദനമാണ് എന്തു ചെയ്യുന്നത് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കും ലോകത്തെ മുഴുവൻ തന്റെ ശരീരം ഉൾപ്പെടെയുള്ള ലോകത്തെ മുഴുവൻ തന്റെ ഉള്ളിലേക്ക് വിഷ്ണു പറഞ്ഞാൽ ചിതാകാശമാകുന്ന ആ പ്രദീപത്തിൽ സംഭവിക്കുന്ന സ്പന്ദനങ്ങളാണ് ആ സ്പന്ദനങ്ങളിലൂടെ മനസ്സ് വരുന്നു മനസ്സിലൂടെയല്ല പറയുന്നത് മനക്കൃതം കൃതം രാമ എന്ന ശരീരകൃതം കൃതം മനകൃതമായിരിക്കുന്ന ആൾ സർവവും ശരീരം പോലും മനകൃതമെന്ന പറയും അതാണ് സ്കന്ധത്തിന്റെ ശക്തി ഇവിടെ പറയുന്നത് അപ്പോ അതുകൊണ്ട് ഇവിടെ ബോധിപ്പിക്കുന്ന എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ നിസ്സാരം പ്രപഞ്ചത്തിന്റെ കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് തന്നെ കേവലം ഒരു സ്പന്ദനം മാത്രമാണ് ജലസ്പന്ദനം അതിൽ കഴിഞ്ഞാ തോന്നുന്നു എല്ലാ രൂപത്തിലും ആന്തരികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്പന്ദനം ആ സ്പന്ദനമാണ് എല്ലാം ശ്രദ്ധിച്ചിരിക്കുന്ന ഈ സൃഷ്ടിയും കേവലം ആ ചിതാകാശത്തിന്റെ സ്പന്ദനങ്ങൾ മാത്രം സ്പന്ദനങ്ങൾ തന്റെ ഉള്ളിലും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അന്തർവ ആവർത്തിച്ചു പറഞ്ഞു നമ്മൾ പുറമേ കാണുന്നു പക്ഷെ അത് ഉള്ളിലാണ് എന്താണ് അകവും കുറവും സൃഷ്ടിക്കുക ഈ അകവും സൃഷ്ടിക്കുന്ന ഈ സ്പന്ദനവും സ്പന്ദനവും അകവും കുറവും സൃഷ്ടിച്ചോളം പുറം കാണുന്നു അത് എന്താണോ ഇത് ഉള്ളിൽ നടക്കുന്നു അത് അന്തബഹിശൂന്യമായിരിക്കുന്ന ചിതാകാശത്ത് സംഭവിക്കുകയാണ് ചിതാകാശത്തിനാണ് അത് അന്ധ അല്ല പുറമു അത് അന്തബഹിശൂന്യമാണ് പുള്ളു പുറമെന്ന് പറയാൻ പറ്റി അങ്ങനെയുള്ള ചിതാകാശ സ്വന്തങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കുകയാണ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് വസിഷ്ഠൻ വർണ്ണിച്ച് വർണ്ണിച്ച് കത്തിക്കയറി കയറിപ്പോയി അപ്പൊ നോക്കുന്നു ഇതൊക്കെ സ്പന്ദനമാണ് അതിനപ്പുറം ഇനി യാതൊന്നും ഇല്ല എന്ന് കേൾക്കുന്നവർ തോന്നിപ്പോകത്തക്ക രീതിയിൽ ഇനി പറഞ്ഞു അത്രയും നിസ്സാരമാണ് അപ്പോ ഈ പ്രപഞ്ചത്തിൽ തുച്ഛതയെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് അല്ല ഇതിന് കട്ടിയായിട്ടൊന്നുമില്ല കഴമ്പുള്ള ചെറിയൊരു സ്പന്ദനം മാത്രമാണ് പിന്നെ ഇതിൽ കഴമ്പുള്ള ഒരു കാര്യങ്ങളല്ല എന്നാണ് പറഞ്ഞത് മുമ്പോട്ട് പറയുന്നത് എന്റെ ഒരു പ്രാരംഭമാണ് ഈ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒന്നെന്താണ് ബാഹ്യം നമ്മുടെ ഉള്ളും പിറവും എല്ലാം വെറും തുച്ഛമാണ് നിസ്സാരമാണ് ഇനി ചിതാകാശമാണെങ്കിലോ അത് അസ്പന്ദമാണ് സ്പന്ദരഹിതമാണ് അതോ പറയുന്നത് മാകാരം സ്പന്ദിക്കുമ്പോഴും സ്പന്ദിക്കാതിരിക്കുമ്പോഴും അതെന്ത് ചെയ്യുന്നു ഏകരൂപത്തിൽ സമാകാരത്തിലും ഏകരൂപത്തിലും അങ്ങനെ എന്താണ് ഒരു ദൃഢമായ ഉറച്ച് ഇളകാത്ത ഒരു ഉള്ള് നമുക്കുണ്ടെന്ന് പരിയപ്പെടുത്തുക ചിതാവകാശം എന്നുള്ള ഈ കൽപ്പനയിൽ അതിനോടും അതിനോട് വാസൃഷ്ടിച്ച് അപ്പം പിന്നെ ആരും പരിഭ്രമിക്കേണ്ട കാര്യമില്ല വിഷമിക്കേണ്ട കാര്യമില്ല പുറമേ കാണുന്നതെല്ലാം എന്താണ് തുച്ഛമാണ് ഉള്ളിലെന്താണ് ചിതാകാശം ഇതിനിടയ്ക്ക് ഉള്ള കാര്യങ്ങളിൽ ഭ്രാന്തിയുടെ ആവശ്യം അതിൽ വരേണ്ട കാര്യം അക്കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാരം അതാണ് സ്പന്ദസ്പന്ദസമാകാരം ഇതങ്ങനെ ഒരു പരമാർത്ഥമാണ് എങ്കിലും പ്രശ്നം അവിടെ നിന്ന് തുടങ്ങിയെടുത്തതോ വിഷ്ണു രാജാവായേക്ക അവിടെ നിന്നും വിഷ്ണുണ്ടായിരുന്നു സൃഷ്ടിയുടെ ആരംഭം വിഷ്ണുവാണ് പുരാണ കഥയാണ് ഇവിടെ പറയുന്നത് കഥയിൽ ചോദ്യം ഒന്നും ഈ സ്പന്ത അസ്പമമായി അസ്പന്ദിരുന്നാൽ പോരെ എന്തിനീ വിഷ്ണുവിനെ സൃഷ്ടിച്ചു എന്നൊന്നും ചോദിക്കാം കഥ ഏതുപോലെ സ്വന്തമാന രസാമുരാ സാഗരാഹ അതിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞു സ്വന്തമാന രസാപുര ഒഴുകി വരുന്ന ജലം കൊണ്ട് നിറയുന്ന സാഗരത്തിൽ നിന്നും അതാണ് സെന്തുമാല രസം അതിൻ്റെ ആപൂരം അത് നിറയുന്നതുകൊണ്ട് ആപൂര സാഗര അങ്ങനെ നിറയുന്ന ആ സമുദ്രത്തിൽ നിന്നും തരംഗയുവാ തരംഗങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അതിന് പറ കൊടുത്തിരിക്കുന്ന ഉദാഹരണം എന്താ എത്രമാത്രം ജലം പൊഴുകി ഇറങ്ങിയാലും സമുദ്രത്തിന് മാറ്റം ഒന്ന് സമുദ്രം എന്ന് ഒരുപോലെ പൊതുവായ ഒരു ഈ പറയും എന്റെ സയൻസിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോത്ര വെള്ളം എത്ര നദികളിലൂടെ എത്രമാത്രം മഴ എത്രമാത്രം ജലം ഇറങ്ങിയാലും സമുദ്രം അതുപോലെ തന്നെ വേണം അതിനൊരു സമുദ്രം ഇവിടെ പറയുന്ന എന്താണ് സമുദ്രം ഒരു മാറ്റമില്ല സ്ഥിതി പക്ഷെ അതിൽ നിന്നെന്തോ തരംഗങ്ങളുണ്ടാവും തരംഗങ്ങളുണ്ടാകുമ്പോൾ സമുദ്രത്തിലൊന്നും കൂടുന്നുല്ല പറയുന്നുണ്ട് അതാണ് തരംഗത്തിന്റെ പ്രശ്നം എന്തെങ്കിലും അധികമായി സമുദ്രത്തിൽ സംഭവിക്കുന്നില്ല എന്തെങ്കിലും ന്യൂനതയും സംഭവിക്കുന്നു രണ്ട് സംഭവിക്കാതെ തന്നെ സമുദ്രത്തിൽ തരംഗങ്ങൾ സംഭവിച്ചു അതുപോലെ തന്നെ എന്തു പറയുന്നു ഈ ചിതാകാശമാകുന്ന അസ്പന്ദങ്ങളിൽ സമമായിരിക്കുന്ന തത്വത്തിൽ നിന്നും വിഷ്ണുണ്ടായി ആദ്യം അവിടെ പ്രത്യേകിച്ച് ഒരു കുറവും സംഭവിച്ചില്ല ഒരു ന്യൂനതയും സംഭവിച്ചില്ല അധികമായും എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം നമ്മൾ തരംഗം പോലെ അസത്യമാണ് അന്തസാരശൂന്യമാണ് അതെല്ലാം നെടുത്തുച്ഛമാണ് എന്ന സൃഷ്ടി ആരംഭിച്ചിരിക്കുകയാണ് പിന്നെ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത് ആ വിഷ്ണുവിൻ്റെ ബാക്കി പുരാണങ്ങളുള്ള പൊക്കുൾ പൊടിയിൽ നിന്നൊരു താമരമേളോട്ട് വന്നു അതിനകത്താരുണ്ടായി ഇവിടെ പറയുന്ന വസിഷ്ഠന്റെ പിതാവ് ബ്രഹ്മാവുണ്ടായി അങ്ങനെ ബ്രഹ്മാവറ്റേക്കല്ല മുനിമണ്ഡല പണ്ഡിതനായി അനേകം കുഞ്ഞിമാരുടെ സംഘങ്ങളാൽ ശോഭിക്കുന്നവനായി കാണും ഉണ്ടായ ആ ബ്രഹ്മാവ് അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തു അസൃ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചു ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് ജമ്പുദ്ദീപത്തെ സൃഷ്ടിച്ചു അതിന്റെ ഒരറ്റത്ത് ഈ ഭാരതവർഷത്തെ സൃഷ്ടിച്ചു ഇത്രയും ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല ഇതുവരെ പ്രശ്നമൊന്നുമില്ല ഇതുവരെ സൃഷ്ടിയിൽ ഇവിടെ പോലാണ് സൃഷ്ടി താളം കിട്ടുന്നത് എന്താണ് പതിനഞ്ച് സസർജ ജനസർദൌഖം ആധിവ്യാധിപരിപ്രദം ഇവിടെ വേറൊരു ആവശ്യമുണ്ടാത്ത പ്രവൃത്തി എന്താണ് ഈ ജനങ്ങളൊന്നാണ് സൃഷ്ടിച്ചത് അങ്ങനെ ആധിവ്യാധികൾ കൊണ്ട് നിറഞ്ഞതായി കഷ്ടപ്പെടുന്ന ജനങ്ങളെ സൃഷ്ടിച്ചു ഇത്രയും നല്ല ഒരു ലോകത്തെ സൃഷ്ടിച്ചു ഈ ഭാരതം മനോഹരമായ ഒരു ലോകത്തെ സൃഷ്ടിച്ച് ദമ്പത് ദിവസം സൃഷ്ടിച്ചു ഇതിന്റെ അകത്ത് എന്തിനാ കഷ്ടപ്പെടുന്ന ആദിവ്യാധികളായ ഉള്ള ജനങ്ങളെ എന്തിനിലെത്തിച്ചു എന്ന് ചോദിക്കരു ദേവേന്ദ്ര കഥയാണ് അല്ല ഓൾ വേണ്ടതിനെ കുറിച്ച് അന്ന് ഇവർക്ക് അറിയില്ലെങ്കിൽ പറയുന്നത് കൊളംബസും മരി ഗോവസ് പൂച്ചി ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ വന്നതിന് ശേഷമാണ് ഓൾ വേൾഡ് എന്നുള്ള ആശയങ്ങൾ ആനന്ദേ അവർക്കാകെ അറിയാവുന്ന എന്താണോ ഭാരതവർഷം പിന്നെ ഇവിടെ കച്ചവടത്തിൽ വരുന്ന ആൾക്കാർ പറഞ്ഞ് പുറത്ത് ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള അറിവില്ല തിനെക്കുറിച്ച് യോഗശാസ്ത്രത്തിൽ വരുമ്പം ഭൂലോകവർണ്ണനയുടെ വിശദമായി വർണ്ണിക്കുന്നു ഭാഗവതത്തിനും മറ്റുണ്ടായിരുന്നു അങ്ങനെയുള്ള ഭൂലോകവർണ്ണന എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയത് യൂറോപ്യന്മാർക്ക് തന്നെ എത്ര കാലം കഴിഞ്ഞാണ് അമേരിക്കയെ കുറിച്ച് അറിവുണ്ടായത് അറിയില്ലായിരുന്നു ഓസ്ട്രേലിയയെക്കുറിച്ച് അറിവുണ്ടായത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളവർക്ക് ആകെ അറിയാമായിരുന്നത് ആദ്യം ഇവിടെ വന്ന ഗ്രീക്കുകാരിൽ നിന്നും അറബികളിൽ നിന്നും ഇപ്പൊ പുറം ലോകത്തെ കുറിച്ചുണ്ടായ അറുവാ അപ്പത് പറഞ്ഞു കേട്ടാറില്ല സാധാരണഗതി ഇവിടെ നിന്ന് ആരും പുറത്തു പോകാറുണ്ട് കാരണം കടൽ കിടക്കാൻ പാടില്ല കടൽ കിടക്കുന്ന പാവം പിന്നെ ചിലരൊക്കെ പോയിട്ടുണ്ട് ചില രാജാക്കന്മാരെല്ലാം അതൊക്കെ പറയുന്നുണ്ട് സപ്തസമുദ്രങ്ങൾ പറയുന്നില്ലേ ഈ സപ്തസമു ഇതെല്ലാം എന്താണ് ഭാരതത്തിൽ എത്തിച്ചേർന്ന കച്ചവടക്കാരിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചുകൊണ്ട് കവികൾ നിർമ്മിച്ച് കഥകളിൽ പെടുന്നാണ് ബാക്കിയല്ല നമ്മുടെ ആൾക്കാർ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ആകാശത്തുകൂടി പറക്കുന്നതിനും ഒരു വളരെ മിടുക്കന്മാരാണ് നിന്റെ ഭാവനാശാല ഭാവനയിലൂടെ എന്തുണ്ടാക്കും യൂറോപ്യന്മാരൊക്കെ സ്വപ്നം കാണുന്നതിന് നമ്മൾ പ്ലെയിൻ ഉണ്ടാക്കി ആറ്റംബോമ്പുണ്ടാക്കി ആട്ടയം ബോമ്പ് ഉണ്ടാക്കി എന്തെല്ലാം ഉണ്ടാക്കി എങ്ങനെ അവർക്ക് ഭാവനയുണ്ട് ഭാവനയിലൂടെ ഇവിടെ മാത്രമല്ല എത്രയോ പരലോകം ഇങ്ങനുണ്ടാക്കി അവിടെയൊക്കെ ആൾക്കാരെ കൊണ്ടുപോയി താമസിപ്പിച്ചു എന്തെല്ലാം ഭാവനാസമ്പന്നാലും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു എല്ലാ ലോകത്തെക്കുറിച്ചും മനുഷ്യന് ഭൂമിശാസ്ത്രം അങ്ങനെ ഒരു ശാസ്ത്രത്തെക്കുറിച്ചും വ്യക്തമായ ഒന്നുമില്ല കഥകളിൽ ഇങ്ങനെയുണ്ട് ഭൂലോകവർണ്ണനയ്ക്ക് കൊണ്ടില്ലെന്നല്ല അതൊക്കെ ഈ കെട്ടി അറിഞ്ഞിന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഭാരതം ഉണ്ടാക്കി അവിടെ ഈ കഷ്ടപ്പാട് പാവ ജനങ്ങളെല്ലാം ശ്രദ്ധിച്ചു പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ സൃഷ്ടിച്ചു മനുഷ്യന്റെ ദുഃഖങ്ങളെ സൃഷ്ടിച്ചു ഇതൊക്കെ ആരാ ശ്രദ്ധിച്ചത് ഈ ബ്രഹ്മാവ് തന്നെയാണ് ചെയ്തു വെച്ചത് ചെയ്തതിന് ശേഷം എന്തെയ്തു പതിനേഴ് ജനസ്വാ സകല ലോക ഈ മനുഷ്യന് എല്ലാ ദുഃഖങ്ങളെയും കൊടുത്തതിന് ശേഷം ഈ മനുഷ്യർ കടന്ന് ദുഃഖിക്കുന്ന കണ്ടപ്പോ എങ്ങനെയാണോ പുത്രന്റെ ദുഃഖത്തിൽ പിതാവ് ദുഃഖിക്കുന്നതുപോലെ ഇദ്ദേഹം ഇരുന്ന് കരയാൻ തുടങ്ങിയില്ല ചോദിക്കരുത് എന്നാ പിന്നെ ഇത് കാരണം സൃഷ്ടി ഇദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കില്ല ഫുൾ കണ്ട്രോൾ അപ്പൊ ഇത് ലോകമൊക്കെ സൃഷ്ടിച്ചും മനുഷ്യരെ സൃഷ്ടിച്ചും അവർക്ക് എന്തിനാ ദുഃഖം സൃഷ്ടിച്ചത് ദുഃഖം സൃഷ്ടിച്ചാൽ അവർ ദുഃഖിക്കും അത് ദുഃഖിക്കുന്നതാണ് പിന്നെ കരയേണ്ട കാര്യം പക്ഷേ ഇദ്ദേഹം കരഞ്ഞു എന്നാ അവിടെ നമ്മൾ ചോദ്യം ചോദിക്കും കഥയാണ് അപ്പൊ പിന്നീട് ചിന്തിച്ചെന്താണ് ഇവരുടെ ദുഃഖം ഇനി എങ്ങനെ പരിഹരിക്കും ദുഃഖവർമ്മം കൊടുത്തു കഴിഞ്ഞു ഇനി എങ്ങനെയാണ് പരിഹരിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിച്ചു വളരെ ഏകാഗ്രമായി ചിന്തിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് ഐഡിയ വരുന്നത് എന്താണ് തപ്പോ ധർമ്മം ച ദാനം ച സത്യം തീർത്ഥാനിച്ചൊമ്പത് ഇപ്പോഴാണ് ഒരു ഐഡിയ വരുന്നത് ഇവിടെ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത് തപസ് ധർമ്മം ദാനം സത്യം തീർത്ഥങ്ങൾ ഇതെല്ലാം സൃഷ്ടിച്ചു മനുഷ്യൻ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രവൃത്തികൾ ചെയ്യട്ടെ എനിക്ക് എന്നാ കാശി രാമേശ്വരമൊക്കെ അങ്ങനെ ഉണ്ട് അപ്പൊ ബ്രഹ്മാവ് സൃഷ്ടിച്ചാണ് ആൾക്കാർ അവിടെ പോയി പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യിട്ടെന്ന് വിചാരിച്ചു ബാക്കി ഇത്രയും കാര്യങ്ങളുടെ ശ്രദ്ധിച്ചു പക്ഷെ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് ബ്രഹ്മാവിനും ബുദ്ധിപുതി എന്താണ് ഇതുകൊണ്ട് എന്തായാലും മനുഷ്യന്റെ ദുഃഖം മാറത്തില്ല ദുഃഖം പോകാനാണ് ഇന്ന് ശ്രദ്ധിച്ചത് അതാണ് അടുത്ത് പറയുന്നത് എന്താണ് പുംസാ നനയന സർഗസ് ദുഃഖസ്യാന്ത ഇത് സ്വയം ഇരുപത് ഇതുകൊണ്ട് എന്തായാലും മനുഷ്യന്റെ ദുഃഖം മാറത്തില്ല അതായത് ഇത്രയും കൊണ്ട് മാത്രം പിന്നെ എങ്ങനെ എങ്ങനെയാ മാറുന്നത് നിർവാണം നിയതാദൈവ അവസാനമാണ് ബുദ്ധിമുട്ടത് ഇത്രയും വേണ്ടാതെ നിങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അവസാനം പറയുന്നത് എന്താണ് നിർവാണം ഇതേ ആണ് പരിഹാരം ഏനൻ പുനഃ ജനായതേ നറിയതേ ഇതുകൊണ്ടെന്താണ് ജനങ്ങൾ ജനിക്കത്തില്ല മരിക്കത്തില്ല ഇതെല്ലാം വിദേവുമായി ചെയ്തത് പിന്നെ കൊറോണയും വാക്സിനേഷനും പോലെ ആയിപ്പോയി ആദ്യം അങ്ങോട്ട് ജനങ്ങളെ മുഴുവൻ കഷ്ടപ്പെടുത്തി പിന്നെ വാക്സിനേഷൻ കൊണ്ട് രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനമാണെന്ന് പറയുന്നത് എന്താണ് നിർവ്വാണം എന്താണ് ഇരുപത് ഇരുപത്തൊന്നാണ് ഇരുപത്തി നിർവാണം നാമ പരമസുഖം ജായുതേ മാത്രമല്ല ഇതിന്റെ എല്ലാം ആത്യന്തികമായ പരിഹാരം എന്തു ചെയ്തു അദ്ദേഹം കണ്ടുപിടിച്ചു ്രഹ്മ നിർവ്വാണമാണ് മനുഷ്യൻ നിന്ന് ജനിക്കാനും മരിക്കാനും പാട് കാരണം എന്താകാന്നെ പറയുന്നത് ജനിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്കും അതിനു രക്ഷപ്പെടാ ഒരേ ഒരു വഴിയോട് ജനിക്കാതിരിക്കുക മരിക്കാതിരിക്കുക അതിനും ഒരേ ഒരു വഴിയോളുണ്ട് ജ്ഞാനാ ദേവ ജ്ഞാനാ ദേവ തുകയും ശ്രുതി പറയും ജ്ഞാനം കൊണ്ട് മാത്രമേ ഈ പറയുന്ന നിർവ്വാണം സാധിക്കുള്ളൂ അവിടെ നിർമ്മാണത്തിൽ ഉയർത്താം പിന്നെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് കാണാം